നിങ്ങളെ കാത്തുനിൽക്കുന്നവരാണവർ അള്ളാഹുസുബഹാനുഹൂവറ്റായാലയുടെ സഹായത്താൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നില്ലേ എന്നാൽ അവിശ്വാസികൾക്കെന്തെങ്കിലും നേട്ടം ലഭിച്ചാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളെ കീഴടക്കുകയും സത്യവിശ്വാസികളിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്തില്ലേ അന്ത്യദിനത്തിൽ അള്ളാഹുസുബാനുഹൂവറ്റായാല നിങ്ങൾക്കിടയിൽ വിധി തീർക്കും അവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്കുമേൽ ഒരു വഴിയും അള്ളാഹു സുബഹാനുഹൂവറ്റായാല നൽകുകയില്ല